മഞ്ഞു മൂടിയ മലമുടികൾ അതുകൊണ്ട് എന്റെ കക്ഷി ആവശ്യപ്പെടുന്നത് നിരുപാധികമായുള്ള വിവാഹമോചനമാണ് അതിൽ കുറഞ്ഞൊന്നും കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല യുവർ ഓണർ ഷി നീഡ്സ് എൻജന്റ് ഡിവോഴ്സ് ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ കക്ഷി അത്ര മാത്രം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ം എന്ന് പറയുന്നത് രണ്ട് ശരീരങ്ങളുടെയും രണ്ട് മനസ്സുകളുടെയും ഏകീകരണമാണ് ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഈ ഏകീകരണം പിരിയാൻ തീരുമാനിക്കുമ്പോൾ ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കോടതിക്കുണ്ട് ഐ മീൻ ഇതേ അഭിപ്രായം എന്റെ കക്ഷി ഡോക്ടർ നിശാന്തിനുണ്ടോ എന്ന് യുവർ ഓണാർ മേശാന്തി പറയുന്നു ഞാൻ ഇപ്പോഴും അവളോടൊപ്പം ജീവിതം പങ്കിടാൻ കുതിക്കുന്നു നിങ്ങൾ വെറുതെ സ്റ്റേറ്റ്മെന്റിൽ എന്റെ കക്ഷി ആരോപിച്ച വിചിത്രമായ സ്വഭാവ രീതി പ്ലീസ് ഡു നോട്ട് ഇറ്റ് മി ലോട്ട് സാർ എന്തിനാണ് സാർ വീണ്ടും ശ്രീമതി വീണ കോടതിക്ക് നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് കോടതി പിരിഞ്ഞ ഉടനെ നിങ്ങൾ ചേംബറിൽ ഹാജരാകുക വീണ ശ്രീമതി വീണ നിഷാന്ത് അതെ സാർ ഇതെന്റെ അച്ഛൻ സാക്ഷി കൂട്ടിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അല്പനേരം പുറത്തുനിൽക്കുക വെറും മൂന്ന് ദിവസത്തെ ജീവിതം കൊണ്ട് ദാമ്പത്യം എടുത്ത പെൺകുട്ടി എനിക്ക് മുന്നിലെത്തിയ വിവാഹമോചന കേസുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വണ്ടർഫുള്ളി ഐസൊലേറ്റഡ് വേണു സാർ പ്ലീസ് മിസ്റ്റർ ദേവൻ ലി വസ്ലോൺ ഫോർ സം മുത്തെ അശോകമരത്തിന്റെ ചോട്ടിൽ നിന്നോളൂ ഓക്കെ മിസ്സിന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു സാർ ഇനി അതിൽ കൂടുതലായി എനിക്കറിയേണ്ടത് നിങ്ങൾ ഇതുവരെ മൗനത്തിൽ ഒളിപ്പിച്ച കാര്യങ്ങൾ തുടങ്ങാം മഞ്ഞുമൂടിയ മലമുടികൾ നാടക രചന ടി എൻ പ്രകാശ് ശബ്ദം നൽകുന്നവർ നെടുമുടി വേണു സി എം തങ്കമണി പി കെ രാഘവൻ ചിറയ്ക്കൽ ഗോപാലകൃഷ്ണൻ സി എച്ച് ഭാസ്കരൻ നമ്പ്യ എം എം രാഘവൻ രാജശേഖരൻ മേപ്പറമ്പത്ത് ജോയ്സി ജോസ് പി സി തങ്കം ഡോളി എസ് ലത സംവിധാന സഹായം എൻ ശശികുമാർ സംവിധാനം എസ് രാധാകൃഷ്ണൻ നീ ഇപ്പോ പഴയ വീണയല്ല അറിയമ്മ നീ ആയിട്ട് നിന്റെ ഭർത്താവിനും കുടുംബത്തിനും ഒരു സമാധാന കുറവും വരുത്തരുതേ അതിനവിടെ കുടുംബവും കുട്ടികളും ഒന്നുമില്ലെന്നല്ലേ അച്ഛൻ പറഞ്ഞത് അതുകൊണ്ടാ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതേ കാര്യം തന്നെ അമ്മ എത്രാമത്തെ തവണയാ പറയുന്നോ ഇക്കാര്യം കൂടെ കൂടെ ഓർമ്മിപ്പിക്കാൻ ഇനി നിന്റെ ഈ അമ്മ ഉണ്ടാവില്ലല്ലോ നിനക്കിങ്ങോട്ട് എപ്പോഴും എപ്പോഴും ഓടി വരാൻ കഴിയുന്ന ദൂരത്തിലുമല്ല നീ ഉള്ളത് എന്തൊക്കെ അമ്മ പറഞ്ഞാലും ദിവസവും ഫോൺ വിളിക്കാൻ എനിക്കാവുമല്ലോ ഏട്ടനെ സൗകര്യപ്പെടുമ്പോഴെല്ലാം ഞങ്ങൾ ഇങ്ങോട്ട് പോരും അമ്മേ ദാ പെണ്ണെത്തിയല്ലോ മിന്നു കെട്ടിയിട്ട് ഡോക്ടർ സാറൊന്നും മാറി നിന്നില്ല അപ്പോഴേക്കും ഏട്ടാനും പ്രാണനാഥാന്നും ഒക്കെ വിളിത്തുടങ്ങിയല്ലോ നിന്റെ ഒരു നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ആ താഴെ ചെന്ന് അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയും കണ്ടോണ്ടോ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഓരോ തട്ടിപ്പ് പിന്നെ ഇനി ഇപ്പം എന്റേതാ ഉഴം ഈ പെണ്ണിന് നാണോ ഇല്ലല്ലോ എന്റെ ഈശ്വരാമേ സത്യം പറയട്ടെ അമ്മേ ഈ വീട്ടിൽ അമ്മയുടെയും അച്ഛന്റെ മോളായി അമൃതയുടെ ഏച്ചയായി ജീവിച്ച് കൊതി തീർന്നില്ലെന്ന് പറഞ്ഞ അമ്മ വിശ്വസിക്കോ എന്നാലും എമ്മ കഴിയുന്നതുവരെങ്കിലും ഇനി അതൊന്നും പറയരുത് ഇക്കാലത്ത് ഇങ്ങനെ ഒരു ബന്ധം കിട്ട എളുപ്പമല്ലെന്ന് അച്ഛൻ എത്ര തവണ നിന്നോട് പറഞ്ഞു തന്നു എന്നാലും എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതുക ഒന്നുമില്ല അവക്കിപ്പോ പിരിഞ്ഞു പോകാനൊരു വിഷമം ഡോക്ടറുടെ അരികിലെത്തിയാൽ തിരിച്ചു ഇങ്ങോട്ട് വരാനായിരിക്കും വിഷമം അല്ലേ നീ തന്നെയല്ലേ അച്ഛനോട് സെവൻ സ്റ്റേജസ് ഓഫ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു തന്നത് മനുഷ്യനെന്ന മഹാനടൻ ഓ ഒന്ന് നിർത്ത് ഈ കുട്ടിക്ക് എന്തെങ്കിലും സൂക്കേട് പിടിച്ചു പോകും ഇന്നിത് പോകുന്ന നേരത്തെ കുറച്ചും പറയട്ടെ ഇനി ഇത് കേൾക്കാൻ കുറവേ ഉള്ളൂ ആ ഡോക്ടർ സാറിന്റെ അച്ഛൻ പൈപ്പ് മുഖച്ച് കൂട്ടിലിട്ടം പോലെ അവിടെ ആ മോളെ ഈ എനിക്ക്മെന്റ്സ് കാണാൻ വയ്യേന്റെ അപ്പാച്ചു എന്നിട്ട് അല്ല ആരാത്സൻ സർപ്രൈസ് നീ കല്യാണ ചെറുക്കനായി പോകുന്നതിന് മുമ്പേ എത്തേണ്ടതാ ബോംബെ ഫ്ലൈറ്റ് മൂന്ന് മണിക്കൂർ വൈകി പിന്നെ ചുരം കയറി എത്താൻ സ്റ്റേറ്റ്സിൽ നിന്ന് നാട്ടിലെത്തിയതിന്റെ ഇരട്ടി സമയവും എടുത്തു എന്താ നീ നടന്നക്ഷി ഞാനൊന്ന് യു എസ് എം ഡി എം ആർ സി പിടങ്ങി കൊറേ തട്ടുപെളിപ്പൻ ഡിഗ്രികൾ രണ്ടു പേജിൽ കൊള്ളാൻ മാത്രമുണ്ട് പക്ഷെ എന്റെ ഏറ്റവും അടുത്ത മതിയടാ ഹലോ വീണ ഹൗ ഡുഡു Okay. आ, आ, mm. न... <laughs> आ, नी। नी ും ഞാൻ എവിടെന്ന് കിട്ടിയടാ ഈ ശുദ്ധ കൺട്രിയെ ഞാൻ കൈനീട്ടി ഹലോ പറഞ്ഞപ്പോ അവിടെ ഒരു നമസ്കാരം ആ കൺട്രിയാണേലും പൂത്ത പണം കാണും അല്ലാതെ നീടാ നീ ആദ്യ ദിവസം തന്നെ അലമ്പുണ്ടാക്കാനാ ഫസ്റ്റ് നൈറ്റ് എന്ന് തന്നെ പറയടാ നിന്റെ വായിലിന് നിറച്ച കൂടാതെ അങ്ങനെ ഒന്ന് പറയുന്നത് കേട്ട് ഞാനൊന്ന് രോമാഞ്ചക്കൊള്ളട്ടെ പഴയ കഥകളൊന്നും പറയേണ്ട നേരമല്ല ഇത് എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങൾ എല്ലാം പറയാം ആ ഇന്ന് രാത്രി നിന്റെ എവിടെ വെച്ച് കാണും പ്ലീസ് ബെന്നി ഇന്ന് എന്നെ നാളെ നമുക്ക് കൂടാം പറ്റില്ല ഞാൻ കറിയാച്ചു ഡാഡി ഇങ്ങോട്ട് വരുന്നുണ്ട് വന്നോട്ടെ ഞാൻ പറഞ്ഞത് പറക്കണ്ട കറിയാച്ചു ഹലോ ബെന്നെ ഹലോ അങ്കിൾ എപ്പോഴത്തെ ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടേ എത്താനൊത്തുള്ളൂ നോട്ട് ബിക്കോസ് ഓഫ് മൈ ഫോൾട്ട് ഇറ്റ്സ് ഓക്കെ മടങ്ങുന്നില്ലേ ഓ വളരെ പെട്ടെന്ന് അപ്പോൾ പണി പൂർത്തിയാക്കാതെ വെച്ച ആശുപത്രി ബുദ്ധിമുട്ടിക്കരുത് അവൻ വന്ന് കയറി തന്നെയുള്ളു അങ്കിൾ ചോദിച്ചതുകൊണ്ട് പറയുകയാണ് ആ കാര്യം കൂടി അറിയാനാണ് ഞാൻ വന്നത് അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നിഷാന്താണ് ഡോക്ടർ നിഷാന്ത് എം രാജ്ഗോപാൽ വീണ തനിച്ചിരുന്ന് ബോറടിച്ചോ ഇല്ലെന്നോ അതോ ഗുഡ് അതാണ് എനിക്കിഷ്ടം എല്ലാം തുറന്നു പറയ വീണക്കും അങ്ങനെ ആയിരിക്കുമല്ലോ ും ആരെങ്കിലും പറയാൻ കത്തിക്കാണോ ഇവിടെ ഞാനും ഡാഡിയും അല്ലാതെ വേലക്കാർ മാത്രമേ കാണുള്ളൂന്ന് വീണക്ക് പറയില്ലേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മാറാനുള്ള ഡ്രസ് ചേട്ടാ വീണയുടെ അച്ഛനവിടെ വലിയ തുണിക്കട ഉണ്ടായിരിക്കുമ്പോ ഞങ്ങളിവിടെ അതൊക്കെ കരുതേണ്ട വല്ല ആവശ്യമുണ്ടോ സോറി ഞാനത് ഓർത്തില്ല ആരും പറഞ്ഞൂല്ല ഇതൊക്കെ സാവകാശം വീണക്ക് തന്നെ ബോധ്യപ്പെടും ദാ താക്കോൽ ഇപ്പോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആലമാര് തുറന്നു നോക്ക് അതിലൊരു ചെറിയ പെട്ടിയുണ്ട് മേലെ തട്ടിൽ അതിൽ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കാം അതെ മമ്മിയുടെ ആഭരണങ്ങൾ സൂക്ഷിക്കാൻ ഡാഡി ഉണ്ടാക്കിച്ചതാണ് ആനക്കൊമ്പുണ്ട് വെറുതെ പിന്നെ ഇങ്ങോട്ടൊന്ന് വന്നെ ഇതെന്താ ആ ജനലരികളിൽ പശു വെച്ചിട്ടുണ്ടോ ഈ ജനലിലൂടെ നോക്കി നിൽക്കാൻ എന്തൊരു രസാണ് കണ്ണിൽ കൊള്ളാത്തത്ര കാഴ്ചകൾ വെള്ളപ്പൂക്കൾ ചൂടി നിൽക്കുന്ന കാപ്പിച്ചെടികൾക്ക് എന്ത് ഭംഗിയാണ് ഞാൻ പറയട്ടെ മുല്ലപ്പൂ ചൂടിയ എന്റെ ഈ സുന്ദരി ഭംഗി അതിനം ആകാശത്തിന്റെ അതിരുകൾ വരെ കയറിയും പോകുന്നില്ല അതിനിടയിൽ വിഷാദത്തിന്റെ വിന്നലുമായി നിൽക്കുന്ന അസ്ഥികളെ മാത്രമുള്ള പണിതീരാത്ത കെട്ടിടം മതി ഒന്നുമില്ല എനിക്കൊരു അപ്പോയിന്മെന്റ് ഉണ്ട് ബെന്നിയുമായി ഇന്ന് ഒന്നും പറയരുത് വരണം വരണം ഡോക്ടർ നിഷാന്ത് ഞാൻ കരുതി നീ വരില്ലെന്ന് നീ കുടിച്ചിട്ടുണ്ടോ എന്തിനു കുടിക്കാതിരിക്കണം നിന്റെ കല്യാണ നാളിൽ കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്നാണെന്ന് മനസ്സറിഞ്ഞ് കുടിക്കുക ബട്ട് ഐ ലേഡ് ദൗണ്ടേഷൻ സ്റ്റോൺ ഓൺലി നീ വന്നിട്ടാകട്ടെ ബാക്കിയെന്ന് കരുതി വേണ്ടട ഇന്ന് ഒഴിവാക്കേ നിനക്കെപ്പോഴാടാ വിവേക ഉദിച്ചത് അതും കറിയാച്ചിരിക്കുമ്പോൾ വെറും ഒരു കാര്യസ്ഥനായിരുന്നെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നിത് കൂറുകിലുള്ള ഏതോ ഗൗഡരുടെ കേട്ടിട്ടുണ്ട് പിന്നെ അന്നാമ്മയുടെ വരവായി കരിയാച്ചന്റെ കെട്ടിയോളായിട്ട് പക്ഷേ അന്നാമ്മയോടൊപ്പം ആദ്യ രാത്രി ഊർഗിൽ നിന്നെത്തിയ ഗൗഡരായിരുന്നു ഈ ഔട്ട് ഹൗസും ഇതിനു ചുറ്റുമുള്ള പതിമൂന്നേക്കർ കാപ്പിത്തോട്ടവും അന്നാമ്മയുടെ പേരിൽ ഒറ്റ രാത്രി കൊണ്ട് ഇതൊക്കെ ഇപ്പൊ ഓർമ്മിക്കാൻ വേണം ആ കറിയാച്ചൻ ഈ നിൽക്കുന്ന ബെന്നീസ് കരിയായുടെ തന്തയാകുമ്പോൾ അതേ അന്നാമ്മ ഈ ബെന്നീസ് കരിയായ തള്ളയാകുമ്പോൾ പഴയ കഥകൾ ഓർമ്മിക്കുന്നത് ഇമോഷണൽ ആയതുകൊണ്ടല്ല വരച്ച് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ട പിന്നെ കുടിക്കണം ഒന്നാം സ്കോച്ച് വിസ്കിയ വില അറിഞ്ഞാൽ നീ നടുങ്ങി ചത്തുപോകും പ്ലീസ് വീണ എന്ത് കരുതും ആദ്യ രാത്രി തന്നെ വീണ നിന്റെ അങ്ങനെയല്ല ബെന്നി അവൾ അത്രയൊന്നും ഫോർവേർഡല്ല പിന്നെ തനിച്ചവടെ എന്താ അവളെ ആരെങ്കിലും വിഴുങ്ങിക്കളയോ തനിച്ചാണ് പോലും എന്റെ ആനിയും ആദ്യ രാത്രി തനിച്ചായിരുന്നു എന്തിനാണ് അതൊക്കെ നാല് വർഷങ്ങൾ നിറയെ എണ്ണ വേട്ടയാടിയത് ആനിയുടെ ഓർമ്മകളായിരുന്നു എല്ലാം കഴിഞ്ഞ കഥകൾ മറക്കേണ്ടതും പൊറുക്കേണ്ടതും ആ മറക്കേണ്ടത് ശരിയാണ് എല്ലാം മറന്നേ ഓക്കൂ പക്ഷേ നിന്റെ വാക്കുകൾ ആനിയുടെ സ്മാരകമായ ഒരു ആശുപത്രി അതിൽ ആതുര ശുശ്രൂഷകരായി നിയും ഞാനും ആനിയുടെയും എന്റെയും സമ്പാദ്യങ്ങൾ മുഴുവൻ നിന്റെ കയ്യിലെത്തുമ്പോ പറയൂ ഡോക്ടർ നിശാന്ത് സത്യത്തിൽ ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നില്ലേ നീ പറയുന്നതൊക്കെ കല്ലുവെച്ച നുണകളാണ് ചിലപ്പോ മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ സംശയിക്കണ്ട മദ്യം നിന്നെ ആ അതിനൊരു വഴിയുണ്ട് നീ കൂടി ആ ഗ്ലാസ് കാലിയാക്കേണ്ട നിന്നെ പോലെ ഞാനും എന്തെങ്കിലും ശരിയാണ് നിന്റെ മനസ്സിന്റെ കുട്ടിയെടുക്കപ്പെട്ട കവാടമെങ്ങാനും തുറന്നാൽ നീ കുടിക്കു കുടിക്കാൻ ധൃതി കൂട്ടണ്ട നേരം വെളുക്കൂല നീ ഇവിടെ കാണും നിനക്ക് കൂട്ടിനായി ഞാനും നിന്നെ ഞാൻ പറ്റിക്കില്ല എന്താ ഇതിന്റെയൊക്കെ അർത്ഥം എന്തെങ്കിലുമൊക്കെ കാണും എന്നെ പോകാൻ അനുവദിക്കൂ പ്ലീസ് ബെന്നി പറ്റില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ നിനക്ക് ബോരടിക്കുന്നുണ്ടെങ്കിൽ അതാ ആ കറത്തം വകഞ്ഞു മാറ്റാം അവിടെയുള്ള മേത്തയിൽ പ്രീതിയുണ്ട് നിന്റെ ആദ്യത്തെ കാമുകി ഇപ്പോഴീ മലയോരത്തിലെ പ്ലാൻഡർമാരുടെ വിഷമുണ്ടാകുമെന്ന് എനിക്ക് അറിയാം വർത്തമാനം പറഞ്ഞ് നേരം പോയതറിഞ്ഞില്ല ഞാനൊന്നും വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് കഴിഞ്ഞ രാത്രി നമ്മുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ രാത്രി ആവേണ്ടതായിരുന്നു ഓഹോ ഞാൻ കരുതി ഇതൊന്നും നിങ്ങൾക്കറിയാൻ പാടില്ലെന്ന് സദാസമയവും പൈപ്പ് പുകനും പിന്നെ പിന്നെ പെട്ടെന്നെന്താ നിർത്തിക്കളിച്ചത് ഒന്നും ഇല്ല അല്ല എന്തോ ഉണ്ട് നീ എന്നിൽ നിന്ന് എന്തോ ഒളിച്ചു വെക്കുന്നു എല്ലാം ഒളിച്ചു വെക്കുന്നവർക്ക് മറ്റുള്ളവർ എന്തെങ്കിലും ഒളിച്ചു വെക്കുമ്പോൾ നീ എന്തോ പറയാൻ ഭാവിച്ചു അതെന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത് നിങ്ങൾ അല്പം മാറി എന്നാൽ ഉപകാരം മദ്യത്തിന്റെ ഗന്ധം ഇത്രമാത്രം രൂക്ഷമാണെന്ന് എനിക്കറിയില്ലായിരുന്നു മതി നീ പ്രസംഗിക്കാറുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഇതൊരു ഡിബേറ്റ് അല്ലെ മനസ്സിലാക്കിയാ എനിക്കറിയേണ്ടത് നീ പറയാൻ നിങ്ങൾക്കത് കേട്ടേക്കുറയെ കാപ്പിക്കാടുകളിൽ ഉന്മാദം നിറഞ്ഞ എന്തൊക്കെയോ വിചിത്ര ശബ്ദങ്ങൾ ഒറ്റപ്പെട്ടുപോയ ഇണയുടെ ആരും കേൾക്കാത്ത ജനരഴികളിലൂടെ കൈകൾ നീട്ടുന്ന ആദ്യം ഞാനും വല്ലാതെ പിന്നെ പിന്നെ മനസ്സിലും ശരീരത്തിലും ഒരുതരം തണുപ്പുറഞ്ഞു നിലാവിൽ മയങ്ങിക്കിടക്കുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ അസ്ഥിക്കൂടം അവിടെ നിന്നുയുന്ന തേങ്ങൽ ഇടയ്ക്കെപ്പോഴോ ആ കെട്ടിടത്തിന് രൂപമാറ്റം വന്നു അതിന്റെ അസ്ഥികളിൽ സൗരഭ്യം എമ്പാടും അതൊരു പെണ്ണിനെ പോലും എന്താ എന്തിനാ പിടിച്ചുലിക്കുന്നത് നീ എന്തൊക്കെ പ്രാന്താണ് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അവൻ ഇവിടെ വന്നിരുന്നു അയാൾ എന്തിനു വന്നില്ലെങ്കിൽ എന്തോ എനിക്കതിന്റെ ആവശ്യം തോന്നിയില്ല ആഭരണങ്ങൾ ഒഴിച്ചു വെച്ചില്ല എല്ലാം നിങ്ങൾ വന്നിട്ടാകാമെന്ന് കരുതി രാത്രി നിറേ വേണ്ട വേണ ഇനി ഒന്നും ആവർത്തിക്കണ്ട എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ ആട്ടെ നിന്റെ മനസ്സിൽ ഇപ്പോഴും രാത്രി വരാത്തതില്ല പിന്നെ അച്ഛൻ അമ്മയോട് പറയുന്നത് എഴുപത്തിയഞ്ച് പവൻ ഒന്നുമില്ലല്ലോ ഞാനൊരു ഡോക്ടറല്ലേ ഡോക്ടർ ആകുമ്പോ ഇത്ര പവൻ വേണമെന്നുള്ള കണക്ക് അച്ഛൻ അറിഞ്ഞു കാണില്ല തർക്കിക്കാൻ വേണ്ടിയല്ല എന്നാലും െ തുട വീണയുടെ പേരിൽ നീ എന്നെ കളിയാക്കുന്നു പിന്നെ ഞാൻ എന്ത് പേരുമെന്നാണ് നിങ്ങൾ പറയുന്നത് ആദ്യ രാത്രി മുഴുവൻ ഒരു പെണ്ണിനെ തനിച്ചാക്കി കൂട്ടുകാരന്റെ കൂടെ കുടിച്ചു കുന്തം മറിഞ്ഞെത്തിയ നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊന്നും ചോദിക്കാനില്ലേ കേൾക്കട്ടെ ൂടുന്ന നവദമ്പതികൾ അല്ലെ നിങ്ങൾക്കില്ലാത്തേടൊന്നും ഞാൻ സൂക്ഷിക്കേണ്ടല്ലോ ഞങ്ങൾ ഇതുവരെ അങ്ങനെയുള്ള വലിയ വാക്കുകൾ നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കണം എനിക്കൊന്ന് കുളിക്കണം നിറയെ അഴുക്കാണ് വീണോ കുളിച്ചോ നിശാന്ത് നിശ്ചയോ എഴുന്നേൽക്കാൻ ഞാൻ ചോദിച്ചു ഡൈനിങ് റൂമിലേക്ക് പോയിക്കോളും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേക്ക് വേണ്ടച്ഛാ എല്ലാവരും ഒരുമിച്ച് ഞാൻ വിളമ്പിത്തരാ അതൊന്നും വിടാൻ പറ്റില്ല പിന്നെ എന്റെ അച്ഛനൊന്നും വിളിക്കുന്നത് എനിക്കിഷ്ടോ എന്തെങ്കിലും വിളിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അങ്കിളം ആയിക്കോട്ടെ കൊച്ചു വന്നേ കൊച്ച കൊച്ചയ്ക്ക് ചായയോ കാണുത്ത വെള്ളം മതി അയ്യ ഈ തണുപ്പത്തോ ഓ എന്നാ എനിക്ക് ഇങ്ങനെ തനിച്ചിരുന്ന് കഴിച്ച് നിങ്ങൾ ആ പേപ്പറൊന്ന് മാറ്റി വെച്ച് ഭക്ഷണം കഴിക്കാൻ നോക്കും മനുഷ്യ ഞാൻ പേപ്പർ വായിക്കുന്നുണ്ടെന്ന് വെച്ച് നിങ്ങൾ അല്ല അത് ഞാനും പറയുന്നേ ഈ പിള്ളേർക്കൊന്നും അവരവരുടെ വായ കൊണ്ട് കഴിച്ചാ പോരേ ദേ നിങ്ങൾ പേപ്പർ വായിക്കുന്നത് കണ്ട് അമൃത മുറിയിലോട്ട് പോയി അമൃത എന്തോ എന്താ നീ എന്താ ഇവിടെ ഇരിക്കാതെ ഓ അത്തം പേപ്പർ പോകാൻ പഠിച്ചു കേട്ടേന്ന് കരുതി ഓഹോ അത് ശരി ഇനി അയ്യോ അങ്ങനെ ഒരു വായിച്ചിരുന്ന ഓ അവളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലി പറഞ്ഞു നോക്കടി നാക്ക് വളയൊന്നു നോക്ക ഏ അത് കേച്ചി അങ്ങ് പറഞ്ഞാ മതി എനിക്കിത്തിരി ഫാഷനിലൊക്കെ സംസാരിക്കണം ഇതിനു വേണ്ടിയാണോടെ അച്ഛന്റെ പത്രം വായന അടി കൂടാൻ ുംകരുത് ഭാരീ ഒരു വീട് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാ പല രാഗങ്ങൾ കൂടി ചേർന്ന് ഒരു സിംഫണി പോലെ അമ്പ അമ്പോ ഞാനിപ്പം ബോധം കെട്ടു വീഴും അതെന്താണ് അയ്യോ ഈ അച്ഛൻ ഇപ്പൊ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ ഈ പെണ്ണിന്റെ നാക്കിന്റെ നീളം കാണുമ്പോൾ എനിക്ക് ഇപ്പോഴേ പേടിയാവൂ മതിയടി ഭക്ഷണം കഴിക്കേ നീ ഇരിക്കുന്നില്ലേ നിങ്ങളൊക്കെ കഴിച്ചിട്ട് അത് പറ്റില്ല ഇവിടെ അങ്ങനെ ഒരാൾക്ക് റിസർവേഷൻ വകുപ്പിട്ടു ഇനി അതിനും വേണ്ട വഴക്ക് ഞാനിതാ വന്നു ഇപ്പോഴേ ഒരു കുടുംബ ചിത്രമാകുന്നുള്ളൂ പല രാഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സിംഫണി അല്ലേ അച്ചാ കൊച്ചമേ കൊച്ചമേ ഏ എന്താ എന്താ അല്ല കൊച്ചമ്മ എന്തോർത്ത ഇങ്ങനെ വെറുതെ ചിരിക്കണത് ചിരിച്ചെന്നോ ഞാനോ ഇപ്പോഴോ ആരോട് ഹലോ ഹലോ അതെ അതെ ചിന്നമ്മ ഏ ഉറങ്ങുവരു പറഞ്ഞു ഓന്നി സാറോ ഉം പറയാ വൈകിട്ടല്ലേ അതേ സ്ഥലത്ത് ആരാ വിളിച്ചത് ബെന്നിസാറ ഇന്നേരത്തെ അതേ സ്ഥലത്ത് അതേ നേരത്തെത്താൻ അതിന് ഇപ്പൊ അവിടെ നിന്ന് എത്തിയിട്ടല്ലേ ഉള്ളൂ അത് പോട്ടെ കൊച്ചും കഴിച്ചില്ലല്ലോ ആ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഇട്ടെ എനിക്കൊന്നും വേണ്ട ചിന്നമ്മോ എനിക്ക് വേണ്ടിയൊരു കാര്യം ചെയ്യോ പിന്നെ അതിനല്ലേ ഈ ചിഹ്നമ്മൂ ഇവിടെ എനിക്കൊന്ന് പുറത്തിറങ്ങണം അയ്യോ എന്താ എവിടെക്കാ കുഞ്ഞേ അതറിഞ്ഞാലേ വരും ഉണ്ടോ എങ്കിൽ കേട്ടോളൂ പണിതീരാതെ ആശുപത്രി കെട്ടടം വരെ വീണ കുഞ്ഞേ എന്നിട്ടു പറഞ്ഞു കഴിഞ്ഞ രാത്രി ഒത്തുകൂടി അതേ സ്ഥലത്ത് മറ്റൊന്നും പറഞ്ഞല്ലേ ഞാൻ പോരുമ്പോ അവൻ എവിടെ പോയിരുന്നു എന്നൊന്നും ഫോൺ എടുത്തത് ചിഹ്നമോ അപ്പോ നീയൊന്നും അറിയില്ല അല്ലേ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലെന്ന് തോന്നുന്നു എനിക്ക് ക്ലിനിക്ക് പോകണം രോഗികൾക്കുള്ള സ്ഥലമല്ലേ അത് രോഗികൾ മാത്രമല്ല അങ്ങനെ വിശ്വസിക്കാൻ ന്യായം കാണുന്നില്ല എന്തുകൊണ്ട് നേരം എടുത്തപ്പോൾ ഞാൻ കണ്ട കാഴ്ച ആനക്കൊമ്പിന്റെ ആഭരണപ്പെട്ട് നെഞ്ചോടമർത്തി കിടന്നുറങ്ങുന്ന ഒരാൾ അത് അറിയാതെ വിശദീകരിക്കണമെന്നില്ല അതിങ്ങനെ അവിടെ ഇവിടെയും വെച്ചാൽ കള്ളന്റെ അതല്ലോക്കറിൽ വെക്കാൻ ഉണ്ടോ എന്ന് നോക്കിയതാണ് എവിടെയെങ്കിലും വെച്ചോളൂ എനിക്ക് പരാതി ഒന്നുമില്ല എന്റെ പരാതി മുഴുവൻ അതിന് മാത്രം എന്തുണ്ടായി വീണെ ദേഷ്യപ്പെടരുത് എനിക്ക് എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ വിളിക്കണായിരുന്നു പറ്റില്ല നീ ഇവിടെ വന്ന് കേറിയിട്ടല്ലേ കഷ്ടിച്ച് പതിനെട്ട് മണിക്കൂർ പക്ഷേ പ്ലീസ് പ്ലീസ് വീണ നീ എന്താണ് എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും അതിൽ നിന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളാം നീ എന്നെ വല്ലാതെ തെറ്റിദ് ഇപ്പോഴിപ്പോൾ എന്റെ ധാരണകളൊക്കെ ശരിയായി വരുന്നു മനസ്സിലായില്ല ഒരു ഡോക്ടർക്ക് മനസ്സെന്ന് പറയുന്നത് അവയവം മാത്രമാണെന്ന് എന്നാലും ഈ ചിന്നമൂന്ന് ചോദിച്ചോട്ടെ ഇത് എന്നാറ്റിന്റെ പുറപ്പാടാ എനിക്ക് പോലും അതറിയില്ല ഏമാനോ മറ്റും അറിഞ്ഞ തല്ലോ ചിന്നോനെ തല്ലാനോ ഈ ചിന്നമോനോ നല്ല കാഥ ചെലപ്പോ കൊല്ലുമായിരിക്കും എപ്പോഴാലും ഒരിക്കലും മരിക്കണ്ടേ അത് കൊറേ പുളിക്കും ഈ ചിന്നമ്മേ അങ്ങനെ അങ്ങ് മരിക്കാ വന്നോളല്ല ചിന്നമോനെ ജീവിതത്തോട് അത്രയും ഇഷ്ടാണോ ഇഷ്ടാണോന്നോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വോളെ ഇഷ്ടം അല്ലെങ്കി കൂപ്പിലെ മരത്തടിക്കടി ചതഞ്ഞറിഞ്ഞ കെറ്റവനെ കണ്ടപ്പോ ഒരു കൊല്ലി ചാടിയെങ്കിലും ഈ ചിഹ്നം കൊത്തി വീഴ്ത്തി എന്റെ പൊന്നുമോന്റെ നീലിച്ച ജടം കണ്ടപ്പോ ചിഹ്നമോ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല അതങ്ങനെയാ കുഞ്ഞേ ഓരോ നോർക്കുമ്പോ മരിക്കാൻ തോന്നും മരിക്കാൻ നോക്കുമ്പോ ജീവിക്കണമെന്നും തോന്നും ആ ഞാനിതൊന്നും കുഞ്ഞിനോട് പറഞ്ഞേരേണ്ടല്ലോ ചിന്നമോനെ മറ്റെന്തെങ്കിലും ഒരു ജോലിക്ക് പോയിക്കോടെ എന്തിനാ കുഞ്ഞെ അതൊക്കെ എന്നെ കൊണ്ട് ഒരു കഷ്ണം പോകയിലക്കും രണ്ടുണക്കമീനും വേണ്ടി അമ്മമാരാകേണ്ടി വന്ന പെണ്ണുങ്ങളുള്ള പ്രദേശമായി ഈ മലയോരം ഒന്നും വിശ്വസിക്കാനാവുന്നില്ല ഈ ആശുപത്രിയെ കുറിച്ചുള്ള കള്ളം ചിന്നമ്മ എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നു ഇത് നല്ല തമാശ എന്റെ മുറിയിലെ ജനലടികളിലേക്ക് കണ്ണുകൾ കഴിഞ്ഞ രാത്രി മുഴുവൻ ഒരു പെണ്ണിരുന്നിരുന്നു അവൾ എന്നെ നോക്കി പരിഹസിച്ചു ചിരിച്ചു പിന്നെ കുശുമ്പു കാട്ടുന്ന മട്ടിൽ കൊഞ്ഞനം കുത്തി എന്നിട്ടവൾ ആകാശത്തിന്റെ വാതിലോളം ഓടി എനിക്കും ഞാനെന്തൊക്കെയോ പറഞ്ഞുപോയി ചെലപ്പോഴെങ്കിലും ഭ്രാന്തി പിടിക്കാത്ത മനുഷ്യരുണ്ടോ ചിന്നും ഈ ആശുപത്രി ആരുടേതാണെന്നത് ഒന്നും പറഞ്ഞില്ലേ ഇതൊക്കെ ഇതൊക്കെ നീ എന്തിനറിയുന്നു അല്ല ഇതൊക്കെ ഞാനെന്തിനറിയുന്നു എന്നിട്ടും എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നു ഇത് രണ്ടാമത്തെ രാത്രി കുടിച്ചു വെളിവില്ലാതെ എന്നും വന്നിരിക്കുന്നു െങ്കിൽ എന്നാലും ഈ അച്ഛനൊന്ന് ഇതുവരെ വിളിക്കാൻ തോന്നിയില്ലല്ലോ അച്ഛൻ തന്നെ വിളിക്കും തീർച്ച ഹലോ പിന്നെ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും ഇവിടെ പറ്റില്ല അച്ഛനും മകനും ഒരുപോലെ ഇവിടെ നിന്നാണ് അങ്ങനെ പൊട്ടി വീണത് അല്ല ചിന്നോന്റെ മുറിയിൽ നിന്നോ ളസിയിലായോ പിന്നെ കറുകായോ എന്തിനാണെന്നൊക്കെ കർമ്മങ്ങൾ ചെയ്യാ എന്റെ കാലുകൾ ഇനി എന്തിനു കൊല്ലുന്നു നീ മരിച്ചു കഴിഞ്ഞല്ലോ അതാ എല്ലാ ആ കെട്ടിടം നീ കാണുന്നില്ലേ വരൂ അതിനരികിലേക്ക് ഇതാ എന്റെ കൈവിരലുകളിൽ പിടിച്ചോളൂ ഹായ് ഞാനിപ്പോൾ അപ്പൂപ്പൻ താടി മണി ഇവിടേ അയ്യോ ദാ മരിച്ചവർക്ക് പേടിയോ ആ വസ്ത്രമൊന്ന് നീക്കൂല്ലോ എന്തിനാ നരവിളിച്ചത് അവൻ വന്നു വന്നു ഞാൻ ഞാൻ അയാളെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവൻ വരുമെന്ന് എന്തൊക്കെയാണ് ഈ പറഞ്ഞത് ഞാൻ ആരെയും കണ്ടില്ല ആരും ഇവിടെ വന്നില്ലല്ലോ നീ എന്താ ആകെ പേടിച്ചു വിളറിയത് പോലെ സ്വപ്നം കണ്ട എനിക്കറിയില്ല എന്നോടൊന്ന് ചോദിക്കരുത് എന്താ മോളെ നീ എന്താ വല്ലാതെ സുഖമില്ലേ രണ്ടു ദിവസം കൊണ്ട് നീ ആളാകെ മാറിയല്ലോ അല്ല ഇതാര് നന്ന് രാവിലെ തന്നെ പുറപ്പെട്ട് കാണുമല്ലോ രാവിലെ അതെ ഇതാരും നന്നായി വന്നെ അകത്തേക്ക് വന്നെ ഞാൻ വന്നത് ഓ ഇവരെ അങ്ങോട്ട് ക്ഷണിക്കാൻ എനിക്കറിയാം മിസ്റ്റർ ദേവൻ അല്ല ഈ ഫോർമാലിറ്റിയുടെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ എന്നാലും സൗകര്യം പോലെ ഞങ്ങൾ അങ്ങോട്ട് വരാം കല്യാണത്തിരക്കിൽ എസ്റ്റേറ്റ് ശ്രദ്ധിക്കാൻ എനിക്കായില്ല അവനാണെങ്കിൽ ക്ലിനിക്കും സീസൺ ആണിപ്പോൾ എവിടെ നിശാന്ത് നിശാന്ത് മോനെ നിശാന്ത് ഇതാരാ വന്നിരിക്കുന്നത് നോക്ക് അമ്മാവനെ പേത്തി ഇപ്പോ അവിടെ വിശേഷങ്ങൾ ഒന്നുമില്ല എല്ലാവർക്കും വീണയെ കാണണമെന്നാ മോഹം രണ്ടു ദിവസല്ലേ ും ഇങ്ങനെയൊക്കെ നിർബന്ധിക്കാൻ എനിക്കാവില്ലല്ലോ നിങ്ങളെയൊക്കെ ഇഷ്ടം എനിക്ക് ഇറങ്ങാൻ തിടുക്കുന്നുണ്ട് അത് പറ്റില്ല അമ്മാവൻ ഇരിക്കേ എനിക്കൊന്ന് ക്ലിനിക്കിൽ എത്താൻ കരുതി എന്നാണ് ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഈ ഞായറാഴ്ച എങ്കിലും വന്നില്ലെങ്കിൽ ഓക്കെ മിസ്റ്റർ ദേവൻ ഞാനൊന്ന് ആലോചിക്കട്ടെ പോകാൻ ദുരുക്കമായി അല്ലേ ഈ ബിസിനസ്സുകാരൊക്കെ എങ്ങനെയാ ഓരോ നിമിഷത്തിനും പവൻ വിലയാ അല്ല അങ്ങനെയുള്ളവരെയാ എനിക്കും ഇഷ്ടം ഉണ്ട് എനിക്ക് നിങ്ങളുടെ വരവ് അവള് പഴയതൊക്കെ ഓർമ്മിപ്പിക്കുന്നു എന്തായത് മോളെ ഏ പിന്നെ മിസ്റ്റർ ദേവൻ ഐ കൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് ഞാനും ഇപ്പോ ഒരു പെൺകുട്ടിയുടെ ഡാഡിയാണ് ഞാനിറങ്ങുന്നു എന്തിനാ മോളിങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കുന്നത് മോൾ പോയാളെ ടുബാക്കോ ഇങ്ങനെ അച്ഛൻ വരട്ടെ മോളെ ഒന്നുമില്ല ആ പോയത് എൻറെ അച്ഛനാണോ എൻറെ മകൻറെ അമ്മായിയപ്പൻ അതുകൊണ്ടായിരിക്കും ഈ പൊട്ടൻകളി അതും എൻറെ ചെലവിൽ മനസ്സിലായില്ല എല്ലാരെയും എല്ലാ കാലത്തും വിധികളാക്കാമെന്ന് മോഹിക്കില്ല എന്നോട് ഇതുവരെ ആരും എതിർത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞവരൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും അതല്ലേ ആർ പെർഫെക്റ്റ് യുവർ ലൈഫ് അതെ ആരും എനിക്കറിയാം നിങ്ങളുടെ ഭാര്യയെ പോലെ ഇപ്പോൾ അകത്തോട്ട് തന്നെയാണ് ചാകാനാണോ നിന്റെ ഭാവം അതേതായാലും നിന്റെ ജീപ്പിന്റെ മുമ്പിൽ വെച്ചായിരിക്കില്ല എനിക്ക് ക്ലിനിക് എത്തേണ്ട സമയം കഴിഞ്ഞു സാരമില്ല പേഷ്യൻസ് അവിടെ ക്യൂ നിക്കുന്നുണ്ടാവും കാത്തിരുന്ന് കാണാതിരിക്കുമ്പോ ഡോക്ടറെ കുറിച്ചുള്ള മതിപ്പ് ഒന്നുകൂടി വർധിക്കും നീ എന്റപ്പാടാ എനിക്ക് ആശുപത്രി ഒന്ന് കാണണം ഇപ്പൊ വേണ്ട പിന്നെ വൈകിട്ടാ ഇന്നലെ രാത്രി നീ എന്നെ പറ്റിച്ചു ഇനി അത് പറ്റില്ല എന്താ ഒന്നുമില്ല ഒന്ന് കാണുക ദാറ്റ് ഓൾ എന്റെ ഭാര്യയുടെ പേരിൽ നിർമ്മിക്കാൻ പോകുന്ന ആശുപത്രിയല്ലേ നീ ആളാകെ മാറിയിരിക്കുന്നു അപ്പച്ചൻ അമ്മച്ചിയെ കൊണ്ട് കാട്ടിക്കൂട്ടിയ പാപങ്ങളുടെ കറകളൊന്നും എന്നെ തീണ്ടരുതെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ ഞാൻ അവരെ വെറുത്തിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കുത്തരം പറയാൻ പോലും അറിയില്ല ഇതൊക്കെ ഇപ്പോ പറയുന്നത് ആനയുടെ സ്മാരകത്തിന്റെ അരിയിൽ നിൽക്കുമ്പോൾ ഞാൻ അവളെ വല്ലാതെ സ്നേഹിച്ചു ും കൊല്ലപ്പെട്ടും എനിക്ക് സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചു പോകണം എന്റെ ഗ്രീൻ കാർഡ് പെട്ടെന്ന് തന്നെ ശരിയാകും ഏതു തരം ഓർമ്മകളും കുഴിച്ചു മണ്ണിൽ വേണ്ടത്ര എറുപ്പമുണ്ട് പക്ഷേ അതിനു മുമ്പേ എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടണം ആനയുടെ പേരിലുള്ള ഇൻഷുറൻസ് ആയിക്കോട്ടും നീ എന്താ പൊള്ളുന്നുണ്ട് അല്ലേ എനിക്കറിയേണ്ടതും അതാണ് ആദ്യ രാത്രിയിൽ എന്റെ ആന നിനക്ക് രക്ഷപ്പെടാൻ പഠിതകളില്ല ഞാൻ വരും നിന്നെ തേടി ഇനിയും ഞാൻ വരും ഞാൻ വീണ കുഞ്ഞിന് കയ്യിൽ കൊടുക്കാം എന്താ കാര്യം ആ പോയിരുന്നു ഏ ഇന്നലെ ക്ലിനിക്കിൽ എത്തിയില്ലേ ഇല്ല ഹലോ ഹലോ ഇല്ല എനിക്കൊന്നും അറിയില്ല ോട് പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ പക്ഷേ അയാൾ പറയുമ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് പോലെ വീണ്ടും ഇപ്പോൾ എനിക്കാകെയുള്ള ആശ്വാസം ചിന്നമ്മാണ് ചിന്നമ്മ കൂടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഇപ്പഴാ ഇതൊരു വീടായ പിന്നെ ചിന്നമ്മു ഇവിടെ എത്തിയിട്ടേ ഈ വരുന്ന ക്രിസ്മസിന് പന്ത്രണ്ട് കൊല്ലം തികയാൻ പോവുക പന്ത്രണ്ട് കൊല്ലം എന്താ കുഞ്ഞേ വെറും രണ്ടു ദിവസം കൊണ്ട് ഞാൻ അനുഭവിച്ച തീർത്ത് തോർക്കുമ്പോൾ പിന്നെയും പിന്നെയും ഒരേ കാര്യം തന്നെ വരുമ്പോ എല്ലാം ഒരു ശീലായിക്കോളും ഓരോ വീട്ടിലും നടക്കാത്ത കാര്യങ്ങൾ ഓരോ മനുഷ്യരും ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം എന്തിനു വേണ്ടിയാണെന്നാ എന്നിട്ടും പിടികിട്ടാത്തത് പിന്നെ കേട്ടിരിക്കാൻ നേരമില്ല കുഞ്ഞെ അടുക്കളയിൽ പണിയുണ്ട് അടുക്കളയിൽ പണി ഇല്ലെങ്കിലും നീ കേട്ടിരിക്കരുത് ചിലപ്പോയിക്കോളൂ ചിലപ്പോ ഈ ഭൂമുഖത്ത് ഏത് സമയത്തും എന്തും നടക്കും റിട്ടയേർഡ് റേഞ്ചർ എം ആർ ജിയുടെ തലച്ചോറുണ്ടല്ലോ അറിയാൻ പാടില്ലാത്ത ഒരുപാട് അറിവുകളുടെ അക്ഷയഖനിയാണത് പക്ഷെ ഒരു കാര്യം അതിന്റെ അടുക്കുകളിലെങ്ങും അസാധ്യമെന്നൊരറിവുകൾ ആരും ഏതു വെച്ചിട്ടില്ല രണ്ടു ദിവസമായി നീ എനിക്ക് മുഖന്തരാതെ നടക്കുന്നു അതെ ഈ ഡാടി അറിയാത്ത രഹസ്യങ്ങളൊന്നും നിനക്കുണ്ടാകരുതെന്ന നിർബന്ധം എനിക്കുണ്ട് എനിക്ക് പറയൂ നിനക്കെന്ത് പറ്റി ഒരു കല്യാണം കൊണ്ട് വാടിക്കൊഴിയേണ്ട വിധത്തിലൊന്നുമല്ല ഈ ഡാടി നിന്ന് വളർത്തിയത് എന്തൊക്കെയോ ഭീതികൾ ബെന്നി പോലും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് പോലെ നീ ഇങ്ങനെ മദ്യപിച്ച് സമനില തെറ്റി ക്ലിനിക്കിലേക്ക് പോകാതെ അവന് അവന് പണം വേണം ആശുപത്രി കെട്ടിടം എന്നോട് എടുക്കാൻ പറഞ്ഞു അവൻ ചെലവാക്കി മുഴുവൻ പണവും തിരിച്ചു കൊടുക്കാൻ അതും ആശുപത്രി അങ്ങനെ ഒരു സ്മാരകം അവനിപ്പോ ആവശ്യമില്ലെന്ന് സ്മാരകത്തിനൊതുക്കാനാവാത്ത വിധം അല്ലാഡി ആ പേര് എന്നെയാണ് അതെ ഡാഡി അവൻ ചോദിച്ചിത്ര പണം കൊടുത്ത് അവനെ ഒഴിവാക്കണം എന്നിട്ട് ഒന്ന് എന്റെ അറിവുകൾക്ക് വരികയാണ് എനിക്കാവശ്യം പണമാണ് അതിനെ നോക്കിപ്പോ പ്രയാസവുമില്ലല്ലോ ഈ ഡാഡി നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് പൊന്മുട്ടയിടുന്ന താറാവിനെയല്ലേ എല്ല പക്ഷേ നീ ബുദ്ധിശൂന്യത കാട്ടി ഡാഡി എന്താണ് പറയുന്നത് നിനക്ക് വേണമെങ്കിൽ ദൈവത്തെ പോലും ഒളിപ്പിക്കാം പക്ഷേ ഈ ഡാഡിയെ ഇല്ല നിനക്കാവില്ല ഈ ഡാഡി പഠിച്ചതും അറിഞ്ഞതും കാട്ടിലെ നീതിയാണ് എനിക്കിതൊന്നും കേക്കണ്ട ബെന്നയുടെ ബാധ്യതകൾ മാർഗങ്ങൾ എന്റെ മോനെ ബെന്നിയുടെ ഭാര്യ കൊല്ലപ്പെടുമ്പോൾ സോറി അവളുടെ പേരിൽ ലഭിച്ച ഇൻഷുറൻസ് തുക എത്രയായിരുന്നു അതിന്റെ ഉത്തരവ് അവനിപ്പോൾ ഓർമ്മ കാണില്ല പക്ഷേ എനിക്കത് മറക്കാനും വയ്യ മൂന്നേക ലക്ഷം ഡോക്ടർ വെറുതെ കുരുതി കൊടുക്കാൻ മാത്രം ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് വലിച്ചു ദ്രോഹി സ്നേഹം പച്ചവെള്ളമാണെന്ന് ധരിച്ചുപോയൊരു വിധി മിസ്റ്റർ ബെന്നെ കണക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു ും കണക്കുകൾ അല്ല ഞാൻ ഇവിടെ വന്നത് എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് എന്റെ കല്യാണ രാത്രിയിൽ ഔട്ട് ഹോസ്റ്റിൽ എന്നെ കുടിപ്പിച്ചു എവിടെ പോവാൻ തീർന്നില്ല എങ്ങനെയാണ് ആരി കൊല്ലപ്പെട്ടതെന്ന് അതെങ്ങനെ എനിക്കറിയാൻ ചേട്ടാ ഇതെന്തൊരു നേരം പോക്ക് നാലു വർഷം മുമ്പ് എങ്ങനെയോ മരിച്ച ഭാര്യയെ കുറിച്ച് അറിയാൻ ഓടിയെത്തിയിരിക്കുന്നു അതും ആദ്യ രാത്രിയിൽ ഓവർമെന്റ് കൊണ്ടും മരണം സംഭവിക്കാം എന്നോടൊപ്പം ഞാനത് വിശ്വസിക്കില്ല ഇറ്റ് പറഞ്ഞില്ലെങ്കിൽ രണ്ടുപേരും ും അർഹതയില്ലാത്ത വിധം അയാൾ മരവിച്ച് പോയിരിക്കുന്നുരക്ഷൻ കഴിയാത്ത നിങ്ങളൊക്കെ ആരാണെന്ന് പറഞ്ഞ് നടക്കുന്നു ഇത് ഞങ്ങളുടെ കേട്ടു പക്ഷേ അതിനു മുമ്പേ ഈ മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് എനിക്കറിയണം എന്നിട്ട് ഞാൻ തീരുമാനിച്ചോളാം അകത്തോട്ടോ പുറത്തോട്ടോ പോകേണ്ടതെന്ന് അറിഞ്ഞേ തീരൂത്തേക്കില്ല ഒരിക്കലും ഇല്ല ആ ഞടിച്ച് ഈ കൈ തന്നെ എന്റെ കഴുത്തിൽ അമർന്നേക്കും ജീവിതം മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല മാത്രല്ല എന്റെ പേരിലും ലക്ഷങ്ങളുടെ ഇൻഷുറൻസ് സഹതാപമുണ്ട് നന്ദി ചെന്നോ നന്ദി നീ തന്ന സ്നേഹത്തിനും അറിവിനും നന്ദി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉൾപ്പെടെ എനിക്ക് ശ്രമത്തിലാണ് ഡോക്ടർ നിഷാന്ത് എന്ന് പറഞ്ഞാൽ കുട്ടിക്കത് മനസ്സിലാക്കാൻ കഴിയും കല്യാണം കഴിഞ്ഞുള്ള യാത്രയിൽ ഉടനീളം തന്റെ ഭാര്യ ഉറങ്ങുകയായിരുന്നെന്നും ഇടയ്ക്കിടെ ഞെട്ടി ഉണർന്ന് പേടിച്ചതുപോലെ നിലവിളിച്ചിരുന്നെന്നും പിന്നീടുള്ള നീക്കങ്ങളെല്ലാം അത്യന്തം വിചിത്രമായിരുന്നെന്നും അതുകൊണ്ട് തന്നെ മാനസിക രോഗിയായ ഒരു പെണ്ണിനെയാണ് തന്റെ തലയിൽ കെട്ടിവെച്ചത് കേൾക്കണ്ട ഒന്ന് കേൾക്കണ്ടോദിച്ചോട്ടെ എന്നിട്ടും മനോഹരമായൊരു ഞാനൊരു ഫിലോസഫറല്ല നിയമം അറിയാൻ ശ്രമിക്കുന്ന ഒരു ജഡ്ജി മാത്രം രക്ഷിക്കേണ്ടത് ഞാനല്ല കുട്ടി നിയമവും ദൈവവുമാണ് ഞാനൊരു കണ്ണി മാത്രം മഞ്ഞു മൂടിയ മലമുടികൾ ടി എൻ പ്രകാശ് എഴുതിയ നാടകം സമാപിക്കുന്നു എൻ പ്രകാശ് ശബ്ദം നൽകുന്നവർ നെടുമുടി വേണു സി എം തങ്കമണി പി കെ രാഘവൻ ചിറക്കൽ ഗോപാലകൃഷ്ണൻ സി എച്ച് ഭാസ്കരൻ നമ്പ്യാർ എം എം രാഘവൻ രാജശേഖരൻ മേപ്പറമ്പത്ത് ജോയ് സി ജോസ് പി സി തങ്കം ഡോളി എസ് ലത സംവിധാന एन എൻ ശശികുമാർ സംവിധാനം എസ് രാധാകൃഷ്ണൻ